ആകാശങ്ങളുടെയും ഭൂമിയുടെയും അദൃശ്യകാര്യങ്ങൾ അള്ളാഹുസുബഹാനഹുവലാവിനാണ് എല്ലാ കാര്യങ്ങളും അവനിലേക്കാണ് മടങ്ങുന്നത് അതിനാൽ നീ അവനെ ആരാധിക്കുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് നിന്റെ രക്ഷിതാവ് ഗഫിലായവനല്ല